സ്നേഹകാരവും ഞാൻ അത്ര പ്രതികരിക്കുന്നു അസ്ഥാന സ്നേഹവും കാരണം ഉണ്ടായി പ്രിയസിമെന്ന് വായിച്ച ഒരു ശ്രീ അസ്ഥാനം ചെയ്യുന്ന സ്നേഹവും കാരണം ഉണ്ടാവുമെന്ന് വെച്ചാൽ മുൻപത്തിക്കേഴ് ആൾക്കാർ പൊന്നേണ്ട സമയത്ത് അവൻ സ്നേഹവും കാര്യമുണ്ടായിപ്പാടിൽ ഒരു കശാപ്പകാരൻ ഉണ്ടായി പന്നിയോ ആടോ ഇപ്പൊ ആ കൊല്ലയുന്ന പന്നിയിലും ആടിക്കൊന്നും ദൈവം കാരുണ്യം വന്ന പശാപ്പാട് നടത്തത്തിൽ ഇവിടെ കൊല്ലയേണ്ടവർ അതാണ് എൻ്റെ ഒരു ഉണ്ടായ സ്ലേനം ഉണ്ടായിരുന്നു എന്താണോ അർജുനന്റെ വാസ്തവ സ്വഭാവം അതിനൊന്നും മാറിക്കും കൊണ്ടുന്ന മനുഷ്യനെന്താ വേണ്ടത് ക്രൂരത അക്രൂരത മാറി അപ്രകൃതി ബൂജാത്വം തപസ്സിനെ കുറിച്ച് പറയുന്നു സന്യാസത്തിനെ കുറിച്ച് പറയുന്നു ഭക്ഷ്യംഭ്യമു വിരക്തനായി അതാണ് പ്രകൃതിയുടെ സ്വഭാവം ഏതസ്വഭാവം ഗിലത്വം പ്രകൃതിച്ച സ്വഭാവം അപ്രകൃതി ചോദിച്ച ആ സ്വഭാവം നഷ്ടപ്പെട്ടു മറ്റു പ്രകൃതിയായി പോയി വൈരാഗ്യം സ്നേഹം കാരോണ്യം പന്ത്രണ്ടാമുള്ള ചെത്തോ തരയി ഇതൊന്നും ഒരു കശാപ്പുകാരനെ യോജിച്ച കാര്യം കശാപ്പുകാരനും പറഞ്ഞാൽ മനസ്സിലാവും അറിയോ തമിഴിനും അത് ലതെന്ന് പറയുമ്പോൾ ആദ്യതായിരുന്നു അതുകൊണ്ട് പോലെ നോക്കുന്നത് അപ്പൊ ഇതാരാണ് ആദതായി എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞു പിന്നത് തന്നെയാണ് അതായത് ഇതിനെ പ്രശ്നം എന്ന് പറയുന്നത് ഇത്രയുള്ളു സഹോദരന്മാരേയും ഗുരുക്കന്മാരും കൊള്ളണം ഇത്രയുള്ളു അവര് എന്ത് ക്രൂരന്മാരും ആയിക്കൊള്ളട്ടെ എങ്ങനെയുള്ളവരായിക്കൊള്ളട്ടെ അവർ ഗുരുക്കന്മാരാണ് ഗുരുവിനെ കൊണ്ടുള്ള അതൊക്കെ ഞാൻ പഴയ ക്ലാസ്സിലൊന്ന് വിശദീകരിച്ച് എന്തുകൊണ്ട് ഗുരുവിനെ കൊല്ലാൻ പാടില്ല ദുഷ്ടനായ എന്നൊക്കെയുള്ള കാര്യങ്ങളോട് ശ്രദ്ധീകരിക്കുന്നു ഗുരുക്കന്മാരെ കൊല്ലാൻ പാടില്ല ദോഷങ്ങളുണ്ടെങ്കിലും കൊല്ലാൻ പാടില്ല ഇതാണ് ധർമ്മശാസ്ത്രങ്ങളെല്ലാം പറയുന്നത് എന്നുവെച്ചാൽ മുഴുവനെന്തെങ്കിലും ദോഷമുണ്ടെങ്കിലും അത് പത്ത് പേരെടുത്ത് പറയാതിരിക്കുന്നവനാണ് ശിഷ്യൻ എന്നാണ് അതുപോലെ പറയാൻ പോലും പാടില്ല ഇതൊക്കെയാണ് പഴയ ധർമ്മശാസ്ത്രങ്ങൾ ഈ കാലഘട്ടത്തിൽ ധർമ്മശാസ്ത്രങ്ങൾ പറയും അതുപോലെ സഹോദരന്മാരെ ഇങ്ങനെ കൊണ്ട് അവരെ കൊല്ലുന്നത് ശരിയാണ് ഇതേയുള്ളൂ അർജുനന്റെ പ്രശ്നം അതുകൊണ്ടാണ് പിന്നീട് പറയുന്നത് അശോത്യാ അന്യശോച്ച ദുഃഖിക്കുന്നു ഇതാണ് എന്റെ പ്രശ്നം എന്താ ദുഃഖിക്കുന്നത് ഇവരെ കൊല്ലേണ്ടി വരുന്നല്ലോ എന്നുള്ള ദുഃഖം അതാണ് ദുഃഖം യുദ്ധം ചെയ്യാൻ അറിയാത്തത് കൊണ്ടോ ഒന്നുള്ള പ്രശ്നമല്ല മൃഗന്മാരെയും സഹോദരന്മാരെയും കൊല്ലുക എന്നുള്ളതാണ് അല്ല അതല്ലാത്ത പേര് അർജുനന്റെ ധർമ്മമോഹം എന്ന് പറയുന്ന വേറെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അറിഞ്ഞില്ല അർജുന അറിയണം എന്താണ് ഇത്തരത്തിലധർമ്മെന്നുള്ളത് എന്നല്ലോണം അറിയാവുന്നതാണ് അർജുനത്തിന്റെ എത്രയോ തോന്നണം പറഞ്ഞിരുന്നു മഹാഭാരത അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിലപ്രകൃതവും ഇവിടെ പ്രശ്നം കൊലയാണ് കൊലപാതകം അത് ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ് വേറൊരു സന്ദർഭത്തിലാണെങ്കിലും പ്രശ്നമാണ് അതുകൊണ്ട് ശത്രുക്കളാകും യോദ്ധാവാണ് കൊല്ലം അതൊരു പണിയാണ് ഇത് കൊല്ലേണ്ടി വരും രണ്ടിനൊന്ന് തീരുമാനിക്കും കാരണം പറഞ്ഞല്ലോ മറുവശത്ത് നിൽക്കുന്നവരും കൊല്ലാൻ വേണ്ടിയിരിക്കുന്നവരാണ് കാരണം കൊന്നാലെ ഇവിടെ ജയിക്കാൻ പറ്റും ജയിക്കുന്നവനൊരാജ് ഇരുവരും എന്താണ് തമാശ രൂപത്തിലുള്ള ഒരു യുദ്ധമുണ്ട് ഒരുപാട് തയ്യാറെടുക്കുന്നത് അന്തിമമായ ഒരു ഫൈനലാണ് ക്വാർട്ടർ ഫൈനൽ സെമി കഴിഞ്ഞു അപ്പം ഇതിന് രണ്ടെണ്ണം തീരുമാനിക്കണം ഒന്ന് ജയിക്കുന്നു അല്ലെങ്കിൽ തോക്കണം അത് കൊന്നേല് അതുകൊണ്ടാണ് ഇവിടെ പരിശ്രമം അപോസ്നേഹദാർമ്മനക്കുറി അപ്രഹൃഗതം ക്ഷത്രിയാണ യുദ്ധം പരമ ധർമ്മം അധർമ്മം മന്മാ അപ്പോൾ ഈ പ്രശ്നമൊക്കെ അർജുനന് വരുന്നതുകൊണ്ടാണ് ഞാൻ ക്ഷത്രിയനോ എന്നാണ് പോകുന്നത് ക്ഷത്രിയ പോലെ തിപ്പറുന്നവനാണ് ക്ഷത്രിയന്റെ പരമധർമ്മം ധർമ്മശാസ്ത്രം അനുസരിച്ച് പറയുന്നത് പരമമായ ധർമ്മം എന്ന് പറയുന്നത് എന്താണ് യുദ്ധമോ യുദ്ധം പരമധർമ്മം ചെയ്തേക്കെട്ടും ജാതകമുള്ള വ്യവസ്ഥയുടെ നിയമമാണ് അല്ലാതെ യുദ്ധം ചെയ്യുന്നതുകൊണ്ട് അർജുനൻ ക്ഷത്രിയനായതല്ല അങ്ങനെ അതിന് ക്ഷത്രീയനാവത്തില്ല അങ്ങനെയാണെങ്കിൽ ദ്രോണൻ ക്ഷത്രിയനാവും ദ്രോണ യുദ്ധം ചെയ്തിട്ട് ബ്രാഹ്മണൻ തന്നെ ദ്രോണുടെ ജാതി അനുസരിച്ച് യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ കുട്ടിക്കാരൊക്കെ പഠിച്ചത് പിന്നെ തൊഴിലും അതായി സാഹചര്യങ്ങളൊണ്ടങ്ങനെ പറ്റും എന്നാലും ഒരിക്കലും ദ്രോണതും ബ്രാഹ്മണൻ അല്ലാതെയാവുന്നില്ല ഇതിന്റെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി എന്ന് പറയുന്നതോ അതെന്താണ് ഒരുപാട് ചർച്ച ചെയ്ത് അതൊരു വ്യാഖ്യാനം അങ്ങനെ വ്യാഖ്യാനിക്കാൻ നോക്കും മഹാഭാരതത്തിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടും പറയുന്നു കർമ്മം വിഷ്ണു കുടുംബ കർമ്മം അനുസരിച്ച് ജാതിയാകാം പക്ഷെ ഇവിടെ ഇവിടെ ഭഗവാൻ അർജുനോട് ആവശ്യപ്പെടുന്ന നീ യുദ്ധം ചെയ്യണം നീ ക്ഷത്രിയെന്നാണ് എന്റെ പ്രകൃതി ഇങ്ങനെ ആയതെന്ന് നീ ക്ഷൂടത്തിൽ പറഞ്ഞോളാം അവിടെ മുഖ്യം കുലമാണ് ആ കുലത്തിന്റെ പഴയകാലത്ത് ഇത് കുലാഭിമാനം ഇന്നും ബോധമില്ലാത്ത മനുഷ്യരൊക്കെ പറയും എന്റെ വംശത്തിൽ പറഞ്ഞവനാണ് എന്റെ കുലത്തിൽ പറഞ്ഞാൽ എന്റെ അപ്പനയുണ്ട് കുലാഭിമാനം എന്ന് പറയുന്നത് എന്നും മൂർക്കന്മാരായി മനുഷ്യർക്കുള്ളതാണ് നമുക്ക് പണ്ടോ പണ്ടതിന് വലിയ അഭിമാനമായി പുലത്തിന്റെ കീർത്തി അത് നശിപ്പിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിശൂന്യതകൾ പണ്ടുണ്ട് അതാണ് തകാലത്ത് ബുദ്ധിസൂന്യ ഇന്ന് അങ്ങനെയൊക്കെ പറയുന്ന പക്ഷെ അങ്ങനെ തോന്നിയത് കേമത്തരമായിട്ടാണ് പക്ഷേത്രീ ഗുണത്തിൽ അതുകൊണ്ട് എന്താണ് യുദ്ധം പരമധർമ്മമാണ് ആദ്യം കുലം എന്നെയാണ് ധർമ്മം തീരുമാനിക്കുന്നത് എല്ലാ ധർമ്മം കൊണ്ട് ആദ്യം കുലം ഉണ്ടാവുന്നത് എന്തുകൊണ്ട് അത് ചാദകളുടെ വ്യവസ്ഥകൾ കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇതൊക്കെ കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന നമ്മുടെ ഒരു ന്യായീകരണം ബുദ്ധിമുട്ട് നമ്മൾ അങ്ങനെയൊക്കെ വേഖാതിരിക്കും ഞാനും വേക്കാരി കാരണം നമ്മളിതൊക്കെ കൊണ്ടുതന്നെ ജീവിച്ചു പോകും അതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്നുള്ളതും അല്ലാതെ യാഥാർത്ഥ്യവും യാഥാർത്ഥ്യം ജന്മം അനുസരിച്ച് തന്നെയാണ് കർമ്മം അതാണ് ക്ഷത്രിയ രാജാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ക്ഷത്രിയന്മാരുടെ പരമമായ കർമ്മമാണ് ഈ അധർമ്മം വന്യമാണ് അതിനെ ഇപ്പൊ അധർമ്മമായി കത്തി അർജുനൻ യുദ്ധത്തെ അധർമ്മമായി കരുതുന്നു നേരിട്ട് യുദ്ധം അധർമ്മമാണെന്നൊന്നും അർജുനെ നിലനിൽക്കുന്നു അതുപോലെ ഒരു ചിന്ത അർജുനനിപ്പോ അധർമ്മമായി തോന്നുന്നത് ബന്ധുക്കളെ കൊല്ലുക എന്ന് പറയുന്ന മനസ്സിലും പോലെയാണ് അധർമ്മമായി തോന്നുന്നത് ക്ഷത്രിയന്റെ ധർമ്മധർമ്മം തന്നെയാണ് യുദ്ധമാണ് അവരൊന്നും അർജുന യാതൊരു സംശയം ധർമ്മസമൂഹചൈതസ് എന്ന് പറയുന്നത് ഇതാണ് യുദ്ധം ചെയ്താൽ കൊല്ലേണ്ടത് അപ്പൊ കൊല്ലണമോ കാരണം ഈ സമയത്ത് മുമ്പ് വൃത്തന്മാരല്ല നിക്കുന്നില്ല അത് എല്ലാം ചെയ്ത് കൊല്ലും അപ്പോ ക്ഷാത്രധർമ്മത്തെക്കുറിച്ചൊന്നും അർജുന യാതൊരു സംശയമില്ല അപ്പൊ സംശയമുള്ളത് കൊലപാതകത്തെക്കുറിച്ചാണ് കൊല്ലണം ഹിംസിക്കണമോ എന്നുള്ളതാണ് അപ്പോ ഈ വംശത്തിൽ പിറന്നതുകൊണ്ട് അത് ചെയ്തേ പറ്റും എന്നുള്ള അതാണ് ചാർജ് കൊണ്ടുകയും ചെയ്യുന്നത് തിരുവരണരൂപ്രമ ധിയ വിത്യസ്യാത്ത ക്ഷത്രിയാണ് അതായത് പദ്യത്തിൽ വന്നിട്ടുണ്ട് പിന്നെ യാമനാചാര്യം ധർമാധ്രൗപദ്ധ ധ്യാകുലം അത് യാമനാചാര്യരുടെ ഗീതാർത്ഥ സംഗ്രഹമനുസരിച്ചിട്ടാണ് ഇദ്ദേഹം രാമായ അതുകൊണ്ട് അങ്ങനെ അതാണ് പറഞ്ഞത് ക്ഷത്രിയാണാം യുദ്ധം പരമധർമ്മം അഭി അധർമ്മം വന്മാർ ധർമ്മേക്ക് അധർമ്മതി ധർമാധർമ്മതി ധർമ്മത്തിനും അധർമ്മ ബുദ്ധി അതാണ് യമനാചാര്യെന്ന് പറഞ്ഞു ധർമാധർമ്മ ധിയാകുലം ധർമാധർമ്മധി ധർമ്മത്തിന്റെ അധർമ്മബുദ്ധി കൊല്ലുന്നത് ക്ഷത്രിയന്റെ ധർമ്മമാണ് അത് അധർമ്മമാണ് എന്നൊരു തോന്നൽ അതിന് എങ്ങനെ കൊല്ലും എന്നുള്ള പാപമാണ് കുടുക്കന്മാരും എന്നുള്ളത് എന്നുള്ള ചിന്ത അതാണ് ധർമ്മബുദ്ധി ധർമ്മമായും കാണുക എന്ന് പറഞ്ഞാൽ കാണുന്നത്യെ കണ്ടിട്ട് രചതം എന്നറിയുന്ന പോലെയാണ് ധർമ്മത്തെ കണ്ടിട്ട് അധർമ്മിച്ചത് സുസ്ഥികയെ എന്ന് പറഞ്ഞാൽ അതെന്താണ് നമ്മൾ പറയും ഭ്രാന്തി രാമായുചാര്യത് പറയത്തില്ല രാമായനുചാര്യ ഭ്രാന്തിയേ ഇല്ല ഭ്രാന്തിജ്ഞാനം എന്ന് പറയും നമ്മളത് ഏറെ പടയില്ല അത് ഈ അദ്വൈതികൾ പറഞ്ഞു വരുത്തുകയാണ് വെറുതെ പടയില്ല അതുകൊണ്ട് പറയുന്നത് ശുദ്ധികാരീരിത്ര യഥാർത്ഥ ഖ്യാതി പക്ഷേ ഇവിടെ യഥാർത്ഥ സി സത്യാഗ അപ്പോ അവിടെ ഭ്രാന്തി സത്യാഗിയും സർവജ്ഞാനവും യഥാർത്ഥമാണ് ശുദ്ധിയിൽ രതം കണ്ടാലും രജുവൽ സർപ്പത്തെ കണ്ടാലും ഉറക്കത്തിൽ സ്വപ്നം കണ്ടാലും മരുഭൂമിയിൽ മരീചയെ കണ്ടാലും സ്ഫടികത്തിൽ രക്തവർണത്തെ കണ്ടാലും ആകാശത്ത് വിചന്ദ്രനെ കണ്ടാലും അലാധചക്രം കണ്ടാലും ഇനി ഒരുപാടുണ്ട് ഓർമ്മ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതെല്ലാം എന്താണ് യഥാർത്ഥമാണ് ഇവിടെ ഒന്നും ഭ്രമമേയില്ല അതിനെ നമ്മൾ പറയുന്നത് യഥാർത്ഥക്കാണ് അപ്പത് എന്തുകൊണ്ടങ്ങനെ പറയുന്നു ഞാനംശം എന്നുള്ള രീതിയിലല്ല അതൊരു പറയാൻ കാരണം ഈ അദ്വൈതി എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ഇതെല്ലാം ഭ്രാന്തി പിന്നെ അതിനെ വീഡിയോ പറഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഇത്രയുണ്ട് അദ്വൈതി കിട്ടുന്ന പണി അതിനുവേണ്ടി ഒരുപാട് പണിഞ്ഞിട്ടുണ്ട് കുറച്ചൊന്നും ഇല്ല അദ്വൈതി ഒരുപാട് പറയുന്നു അല്ലാതെ അത് വളരെ ശക്തമായൊരു പണിയാണ് ഈ പറയുന്നത് എന്നാണ് ജ്ഞാനം യഥാർത്ഥമേയോ അങ്ങനെ ഒരു പ്രാന്തി ലോകം പോലും ഒരു പ്രാന്തിയാണ് ഇത് സ്വപ്നമാണെന്നൊക്കെ പറഞ്ഞ് എത്രയോ അദ്വൈതികളിങ്ങനെ മായാലോകത്ത് ഇങ്ങനെ ജീവിക്കുന്നു ജീവിതം പാഴാക്കി കളയുന്നു ഇപ്പൊ ഇതൊക്കെ സ്വപ്നമാവും മനുഷ്യങ്ങനെ സ്വപ്നമാകുമെന്ന് ചോദിച്ചാൽ സത്യന്റെ സ്വപ്നമാക്കിയാലും ആർക്കൊന്നും സ്വപ്നമൊന്നും ആകും പറ്റും പക്ഷെ നമ്മൾ നിരന്തര ആചനെ ചിന്തിച്ചോണ്ടിരുന്ന എന്താവും കുറെ കാലം ചിന്തിക്കുമ്പോൾ തോന്നുന്നു ഇതൊക്കെ സ്വപ്നമാണെന്ന് തോന്നുന്നു അത് നമ്മള് ചിന്തയുടെ ഒരു പ്രശ്നമാണെന്നാണ് ആരും ഞാൻ പറയുന്നതന്നെ അച്ചാർ അബ്ദിക്കവിടന്നിട്ടുണ്ട് ഈ സ്വപ്ന ലോകം മിഥ്യ എന്ന് പറയുന്നത് ഈ സ്വപന ലോകാന്ക്കൗണ്ടെന്നാ കിട്ടിയത് ഏ ബൗധന്മാരിലോന്നും കിട്ടിയതാണ് അത് എടുത്തു പിടിച്ചു ആത്മഖ്യാതി അസഖ്യാതി അഖ്യാതി ഖ്യാതിര അന്യതീയോ ഖ്യാതി പഞ്ചംഗ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഏ സംശ ആ ാണ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് പറഞ്ഞ ലോകാചാരോ മാധ്യമിക തഥാ മീമാംസക അഭി നയ്യായി ക്രമാ പറഞ്ഞിട്ടുള്ള ആത്മഖ്യാതി ഖ്യാതി എന്ന് വെച്ചാൽ പ്രതീതി ആത്മഖ്യാതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതാണ് വിജ്ഞാനവാദിത്വം ചുരുക്കി പറയാം സ്ഥലമായി പറയുന്നത് ഇത്രയുള്ള വിജ്ഞാനമാണ് ഇതായിട്ട് ഈ പ്രതീ ഈ അനുഭവപ്പെടല്ല എന്നാണ് വിജ്ഞാനമാണ് പത്ഭ്രാന്തിയാണ് നമ്മളെ സ്വീകരിക്കുന്നത് വിജ്ഞാനം പ്രതീതമാകുന്നതാണ് ഈ പുസ്തകം ഞാൻ നിങ്ങൾ വല്ല വിജ്ഞാനം പ്രതീതമാകുന്നതിന് ആത്മഖ്യം അവിടെ ബ്രഹ്മത്തെ സ്വീകരിക്കുന്നത് അവർക്ക് പറയുന്ന പേരാണ് യോഗാചാര്യമാർ അല്ലെങ്കിൽ ക്ഷണിക വിജ്ഞാനവാണെങ്കിൽ ഖ്യാതി വെച്ച പ്രതീതി ആത്മാ എന്ന് പറഞ്ഞതിനുള്ള വിജ്ഞാനം അതിന്റെ പ്രതീതിയാണ് അസംഖ്യാതി അവർക്ക് വിജ്ഞാനാകാതെ അവരെ ആത്മാക്കും അതും ക്ഷണിക ആദയവിജ്ഞാനം പ്രവൃത്തി വിജ്ഞാനം ബ്രഹ്മസൂത്രത്തെ ഒരുപാട് ചർച്ച ചെയ്തോട്ട് പോകുന്നത് അസത്കതി എന്ന് പറയുന്ന എന്താണ് ഈ പ്രതീതമാകുന്നതൊക്കെ അസത് ശൂന്യമാണ് ശൂന്യമാണ് ഇവരുടെ അവിടെ ഈ അത് പറയുന്ന ആരാണ് മാധ്യമകന്മാരല്ല ശൂന്യമാർ ഇതൊക്കെ എന്താണ് രണ്ടുകണക്കിന് പേജുകൾ എഴുതി മറിച്ചിരിക്കുന്ന കാര്യമാണ് ഞാൻ ഈ രണ്ട് ബാക്കി പറയുന്ന കാര്യം ഇതിങ്ങനെ പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങൾ എന്തുമാത്രമാണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ച ഒരു കാലം നടന്നു നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നൂറായുകൊണ്ടും ഇത് വായിച്ചും പഠിച്ചും മനസ്സിലാക്കി തീരത്തു അതിന്റെ എസൻസ് ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നു അങ്ങനെ ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും അതിന് സമാധാനം പറയും അപ്പോൾ ഇത് വളരെ വലുതായിരുന്നു പഴയ കാലങ്ങളൊക്കെ നടക്കുവാനും കാരണം പഴയ കാലത്തൊക്കെ ഫണ്ടിങ് ഉണ്ടായിരുന്നു രാജാക്കന്മാരെന്തേ ഈ പണ്ഡിതന്മാരെയൊക്കെ രാജ സദസ്സരത്തിൽ ചൊല്ലും ചെലവും കൊടുത്ത് തിരുത്തി കഴിഞ്ഞാൽ അവരെന്തെയോ ഇതൊക്കെ ഇരുന്ന് അപ്പോൾ അങ്ങനെയൊരു വളർത്തും പഴയ ക്രൂട്ടലിസ്റ്റ് രാജാക്കന്മാരും നമുക്കന്മാരും പണം വളർത്തും ഇന്നത്തെ ശാസ്ത്ര ഗവേഷണം പോലെ ശാസ്ത്ര ഗവേഷണം നടക്കുന്ന എന്തുകൊണ്ട് ഫണ്ടിങ് ഇന്ത്യയിൽ ഒന്നും കാര്യങ്ങൾ നൽകാത്തത് കൊണ്ട് നമുക്ക് പണമില്ല അമേരിക്കയിൽ ഒരുപാട് നടക്കുന്ന എന്തുകൊണ്ട് അവർക്ക് പണം പണമുള്ളടത്തെ ശരിക്കുള്ള ഗവേഷണങ്ങളും നടക്കത്തുള്ളൂ എല്ലാത്തരത്തും നടക്കും നമ്മളിവിടെ നടക്കും പോലെ എന്തെങ്കിലുമൊക്കെ എഴുതി തട്ടിക്കൂട്ടി നമ്മുടെ ആർക്കും ഗുണമൊന്നും ഉണ്ടാകുന്നു നമ്മളും ചെയ്യുന്ന ലക്ഷ്യം നമ്മൾ ഫണ്ടിങ്ങും ഉണ്ടായിരുന്നു ഒരുപാട് എഴുതി അപ്രഖ്യാതൊരു അസഖ്യാതി ശൂന്യവാദിയോടെയാണ് മാധ്യമം മീമാംസകരുടെ അഖ്യാധി അവർ പറയുന്ന എന്താണോ ഭ്രമമില്ല ഏകദേശം ഇതുപോലെയാണ് ഇവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ വ്യത്യാസമൊക്കെ ഉള്ളത് വിമാർ പറയുന്നത് എന്താണോ ഇതംബരചതോന്ന് പറയുന്നത് ഗീത്ത് എന്ന് പറയുന്നത് പ്രത്യക്ഷമാണോ രചതമോ അത് സ്മൃതിയാണ് പിന്നെ ദോഷങ്ങൾ കൊണ്ട് അത് സ്മൃതി ആണെന്നറിയുന്നില്ല തർക്കത്തിൽ പഠിച്ചാണ് സർവേ പ്രത്യേക യഥാർത്ഥ പ്രഭാകര ഞാനും യഥാർത്ഥവും ബാധയെന്ന് പറയുന്നത് വ്യവഹാര ബാധ വ്യവഹാരബാധ എന്ന് വെച്ചാൽ രജതം കൂടെ രചത കണ്ട കൂടെ എടുക്കാൻ ഒന്നും കിട്ടുന്നില്ല ഇത്രയും അതിനുള്ള ബാധ ആവുന്നുണ്ട് ജ്ഞാനത്തിന് ബാധ്യത് സംഭവിക്കുന്നത് യഥാർത്ഥം തന്നെയാണ് ഈ അദ്വൈതികൾ എന്ത് ചെയ്യുന്നു ഒരു വിഭ്രമമാക്കാൻ ഇല്ലെങ്കിൽ പറ്റണം ഇതൊക്കെ ഭ്രാന്തിയാണ് ശരി ശക്തികാര്യം എന്ന് പറയുന്നത് പോട്ടെ കാരണം പറയു ലോകം മുഴുവൻ ഭ്രാന്തി ഭ്രാന്തിലയിലും കാവ്യം കയറ്റി കറങ്ങിടങ്ങി അല്ല വേറെ എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ ഏക ലോകത്ത് വലിയ ഭ്രാന്തി ലോകത്തെന്തെങ്കിലും മാറ്റം ഉണ്ടായി എന്തെങ്കിലും ഗുണവുംണ്ടായി പത്ത് പേര് ആ ചില ഉപജീവനം നടക്കും പഠിപ്പിക്കാന്ന് വെച്ചാൽ അത് ഇത് തന്നെ പഠിപ്പിക്കണമെന്നില്ല ബാക്കിയൊക്കെ പഠിപ്പിച്ചാലും ഉപജീവനം നടക്കും എത്രയോ ഇവിടെ പഠിപ്പിക്കാൻ പഞ്ചക്കെ വിട്ടാലും കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ആൾക്കാർക്ക് ഇതുപോലെ ഇഷ്ടം കാരണം ഈ മനുഷ്യർക്ക് കൊറേ ഭ്രാന്തം ഉണ്ടല്ലോ അതുകൊണ്ട് ഇതെല്ലാം ഭ്രാന്തം എന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടമാണ് കുറച്ചത് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ആ ഇല്ല അത് തന്നെ കുറച്ചിത് ഉള്ളതുകൊണ്ട് അതിന് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ആവേശമാണ് അതെല്ലാം ഭ്രാന്തി അധികം കഴിഞ്ഞൊന്നുമില്ലെന്നാണ് ഞാൻ പറയുന്നതല്ല മീമാംസകളോട് ഒരു ഭ്രാന്തി ആത്മയ്ക്കാതി പ്രസക്തയ്ക്കാവും വ്യക്തിക്കാവം ഖ്യാതിരന്യത അന്യതാഖ്യാതി പറയുന്നത് എന്താണോ അത് നയ്യായിക തർക്കികന്മാരും എന്ന് പറയുന്നത് സുപ്തി രജതം എന്ന് പറയുന്നത് ഭ്രാന്തി തന്നെയാണ് ഭ്രാന്തി വരങ്ങൾ പക്ഷെ അത് എന്താണ് ഭ്രാന്തി എന്ന് പറയുന്നത് അവിടെ ഇതം പ്രത്യക്ഷമായിരിക്കുന്നു അവിടെ കാണുന്ന ആ രജതം എന്ന് പറയുന്നത് കടയിഞ്ചിരിക്കുന്ന രജതമാണ് നമ്മൾ കാണുന്നത് ശരിക്കും കടയിഞ്ചിക്കുന്ന രജതം ഇവിടെ എങ്ങനെ കാണുന്നു എങ്ങനെ കാണുന്നു അലൗകൃയ സന്നികർഷ അങ്ങനെ സാമാന്യരക്ഷണ ജ്ഞാനരക്ഷണ യോഗ ച സന്നി ഘർഷങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നതൊക്കെ തർക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ അലൌക്യ സന്നികർഷത്തിലൂടെ കടയിരിക്കുന്ന രേഖത്തെ കൂടെ കാണുകയാണ് ഭ്രാന്തി തന്നെയാണ് അതസ്മിൻ തദ്ബുദ്ധി ഈ അതസ്മിൻ തദ്ബുദ്ധി എന്ന് പറഞ്ഞിട്ട് ശങ്കരാചാര്യ പറഞ്ഞതായിട്ടാണ് നമ്മൾ ബ്രഹ്മസൂത്രത്തിലൂടെ ചർച്ച ചെയ്യുന്നത് ശരിക്കും പറഞ്ഞത് ന്യായസൂത്രങ്ങളിൽ പറഞ്ഞത് ഗോതമൻ പറഞ്ഞു അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു അതേ അതസ്മിൻ തത്വ ന്യായസൂത്രം പറഞ്ഞ അതേ കാര്യം ഇവിടെ ശങ്കരാചാര്യ എന്തു ചെയ്തു അതിനെ നിർദ്ദേശിച്ചത് കോപ്പി അടി ചെയ്യുന്ന ഒരുപാട് അത് പറഞ്ഞ മത ഉദ്യോഗസ്ഥര എന്നിട്ട് എന്ത് ചെയ്തു അപ്പോ അന്യതാഖ്യാതി വന്നു ഭ്രഹ്മെ അംഗീകരിക്കുന്നു പക്ഷെ അതുകൊണ്ട് പ്രപഞ്ചം ബ്രഹ്മവും ആകത്തില്ല ശക്തിയിലേതം ബ്രഹ്മം തന്നെയാണ് സമ്മതിക്ക അപ്പോഴാണ് അനുവേദനീയഖ്യാതി പറയുന്ന അദ്വീതി പറയുന്നത് എന്താണ് പ്രപഞ്ചമേ ബ്രഹ്മർമ്മവും ആഗമകം ലോകം ഓർമ്മ ബ്രഹ്മമല്ലാതെ ഒന്നും പറഞ്ഞും പറഞ്ഞും ആൾക്കാരെന്താക്കി ബ്രഹ്മത്തിൽ കൊണ്ട് ഇതാണ് അദ്വൈതികളുടെ പണി അതാണ് മായി നീട്ട മായി മായി തുടങ്ങിയ എന്താണ് മായി കൊണ്ട് കണക്കുന്നത് മായി പറയുന്നത് എന്താണ് അനുരചനീയെന്താ പറയുന്നത് ശുദ്ധികാരൻ അവരുടെ രചിതം അവിടെ ഒരു അനിർവചനീയമായ രചിതം കാണുന്ന സമയത്ത് ഉൽപ്പന്നമാവുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് അനുവചനീയ രചിതം ഉത്പന്നമാവും അതുപോലെ ഈ ഒരു വസ്തു ഉത്പന്നമായി ഇതാണ് അനുവജനീയക്കുമായിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞ മറ്റു കൂട്ടർ ആരുമെങ്കിലും അദ്വൈതി പറയുന്നു കുറച്ചൊക്കെ ബൗദ്ധന്മാരെങ്ങും അത് മണ്ഡുക്യത്തിന്റെ അവസാന ഭാഗത്ത് നീതൻ ബുദ്ധേന ഭാഷ അവിടെ മണ്ഡുക്യത്ത് ആചാര്യം പറയും ഞാനീ പറഞ്ഞ കാര്യങ്ങളൊന്നും ബുദ്ധൻ പറഞ്ഞാലോ എന്ന് പറയും അത് പറയുമ്പം ഭാഷ്യകാരൻ ശങ്കരകാലത്ത് ഒരു കുറ്റം പോകും അങ്ങനെ പറയാൻ പറ്റുമോ അവിടെ ഭാഷകാലം പറഞ്ഞിട്ടുണ്ട് ഇത്തരം പറഞ്ഞു തരുന്നെങ്കിലും ഞങ്ങൾ അവരോട് വളരെ അടുത്ത് നീങ്ങി ഏതിനാണോ മിഥ്യാത്വം ഭ്രാന്തി ഇങ്ങനെ ഉള്ള ചില കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഓരോന്നും വളരെ അടുത്താണ് നിൽക്കുന്നത് ഭാഷകാലം തുന്ന് സമ്മതിക്കുന്നുണ്ട് നമ്മുടെ ഭാഷ അവസാനത്ത് ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവരോട് ചേർന്ന് നിൽക്കുകയാണ് എന്തോ അവരിൽ നിന്ന് കോപ്പി അടിച്ചാണ് ഇവിടെ പോലായുദ്ധം പറഞ്ഞു പറഞ്ഞാലും ഭാഷ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങളുടെ ഇഷ്ട സഹോദരങ്ങളാണ് അതെയാണ് എന്നെ ബ്രഹ്മസൂത്രയ്ക്ക് പറയും എന്താണ് ഈ സുഗതൻ ഈ വിജ്ഞാനവാദം പറഞ്ഞു ലോകത്തു നിന്നും വഴിയാതെ ആതും പറയും അതിനെല്ലാം നമ്മൾ ആർഷമായി മനസ്സിലാവും വളരെ പഴയത് അവര് എന്താ അവര് ബോധന ഖണിക്കുന്നുണ്ട് ബുദ്ധോത്രിഷ്ടം ജഗസ്സർവം നമ്മുടെ സർവസാഹിത്യം ബുദ്ധന് ശേഷം ഉണ്ടായ ബുദ്ധിന് ശേഷം ഉണ്ടായ വേദങ്ങൾ പോലും ആൾക്കാരും ഏത് സൂത്രമായാലും ബ്രഹ്മസൂത്രം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും ആർഗങ്ങൾ മനസ്സിലാവും അത് സൂത്രം തന്നെ ഗ്രാന്തിയാണ് പറയുന്നത് പക്ഷേ ഗ്രാന്തി എന്ന് പറഞ്ഞാൽ അന്യതാഖ്യാതിയാണ് അവിടെ പറയുന്നത് അനവേദിക ഖ്യാതിയാണ് ഭ്രാന്തി എന്ന് പറയുന്ന പറയുന്നുണ്ട് അതിന് ദോഷമൊന്നും ഈ പ്രപഞ്ചം ഭ്രാന്തി എന്നവർ പറയുന്നു അതാണ് വ്യത്യാസം ഭ്രാന്തി പറയുന്നു പ്രപഞ്ചം ഭ്രാന്തി എന്ന് പറയുന്നു ഈ പ്രപഞ്ചം ഭ്രാന്തി എന്ന് പറഞ്ഞ ആരാൾ ശൂന്യത്തിന്റെ പ്രതീതിയാണ് ഖ്യാതി വെച്ച പ്രതീതി അല്ലെങ്കിൽ വിജ്ഞാനത്തിന്റെ പ്രതീതിയാണ് ഇത് വേറെ ആരും പറഞ്ഞില്ല അവിടെ എന്ത് ചെയ്യുന്നത് എടുത്തതുകൊണ്ടാണ് പക്ഷികാരം പറഞ്ഞത് ഞങ്ങൾ സഹോദരന്മാരാണ് അവിടെ പറയുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ സിദ്ധാന്ത അവരോട് എന്ന് പറഞ്ഞ പിന്നെ ഇവിടെ പറയുന്നു ാണ് യഥാർത്ഥ യ അതുകൂടെ യഥാർത്ഥ ക്യാറിയന്താ പറയുന്നത് ഇദ്ദേഹത്തിൽ അത് മീമാംസയുടെ അഖ്യാതി പോലെയാണ് പക്ഷേ ആത്മവ്യത്യാസം സാമാനിക പരമ്പരയിൽ പറയുന്നു എന്താന്ന് അവര് ഈ പദാർത്ഥ വിഭജനമൊക്കെ സംഖ്യന്മാർ സ്വീകരിച്ച് മഹത്വം അഹന്തത്വം അതിൽ നിന്ന് പഞ്ചതന്മാത്ര ഈ പഞ്ചതന്മാത്രകളിൽ സംഖ്യന്മാരും പഞ്ചീകരണത്തെ സ്വീകരിക്കുകയെന്നെല്ലാം സ്വീകരിക്കുന്നു സുഗതിയിൽ ത്രിവുത്കരണമാണ് ഭാഷ്യത്തിൽ പഞ്ചീകരണമെന്നും പറഞ്ഞ് ഒരു സ്ഥലം ഒരേ ഒരു സ്ഥലത്ത് പഞ്ചീകരണം ത്രിവുൽക്കരണത്തെ വ്യാഖ്യാനിക്കുന്നു അപ്പോ ഈ ത്രിവത്കരണവും പഞ്ചീകരണവും ഇദ്ദേഹവും സ്വീകരിക്കുന്നു രാമാനുജ് അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു വേണ്ടി വന്നാൽ ഞങ്ങൾ എന്ത് പറയും പഞ്ചീകരണം പറഞ്ഞ് സപ്തീകരണം പറയും രണ്ടൂടെ കൂട്ടി ത്രിവുത്കരണം ത്രിവുത്കരണം എന്ന് വെച്ചാൽ മൂന്നെണ്ണം കല്ലെടുന്നത് പഞ്ചീകരണം എന്ന് വെച്ചാൽ അഞ്ചെണ്ണം കല്ലറുന്നത് സപ്തീകരണം എന്ന് വെച്ചാൽ ഏഴെണ്ണം മൂന്നാകി രണ്ടാകാങ്ങി എന്താണ് പണി കൊടുക്കാൻ ഏഴാക്കുന്ന വിശേഷിപ്പിച്ചാൽ ഈ പഞ്ചീകരണം അത്വീതികളെല്ലാം വേറെ പറയുന്നത് എന്ന് വെച്ചാൽ പറയുന്നു ഈ പഞ്ച തന്മാത്രകളുടെ പഞ്ചീകരണം വരുന്നതിന്റെ കൂട്ടത്തിൽ മഹത്വവും അഹത്മത്വവും കൂടെ എന്റെ കൂടെ ചേർന്ന് എല്ലാം കൂടെ ഒന്ന് ചലങ്ങി എന്താണ് ഒരു സപ്തീകരണം ഉണ്ടായി വിശകരിച്ചാൽ അതുകൊണ്ട് ഉള്ള ഒരു ഗുണം എന്തെന്ന് എല്ലാത്തിനും എല്ലാം ഉണ്ട് ഇതാണ് രാമാനുജാന്റെ സിദ്ധാന്തം ഈ പുസ്തകത്തിലും മേശയുണ്ട് മേശയിലും പുസ്തകമുണ്ട് മൊബൈലിന്റെ ഇത് രണ്ടുമുണ്ട് മൊബൈലിൽ എല്ലാത്തിനും ഉണ്ട് എന്നുവെച്ചാൽ എല്ലാ പദാർത്ഥങ്ങളും എല്ലാം ഉണ്ട് എന്തുകൊണ്ട് പഞ്ചീകരണം എന്ന് പറയുമ്പോൾ രജ്ജുവിൽ സർപ്പത്തിന്റെ അംശങ്ങളും അതുകൊണ്ട് രജ്ജുകൾ സർപ്പഭ്രമുണ്ടാകുമ്പോൾ ശരിക്കും അവിടെ എങ്ങനെയാണ് കാണുന്നത് സർപ്പത്തിന് കാണുന്ന എന്തുകൊണ്ട് രജുവും ചെറുപ്പമുണ്ട് പക്ഷേ കുറച്ച് അളവ് കുറച്ചെന്നുണ്ട് ചെറുപ്പത്തിന്റെ മൊത്തമില്ല സർപ്പത്തിന്റെ എന്താണ് ഒരു ചെറിയ തൊലിയിലൊരു വിളവളപ്പൊക്കെ ഉണ്ടല്ലോ അതിന്റെ വളമൊക്കെ ഉണ്ടല്ലോ അത്രയൊക്കെ വന്നിട്ടുള്ളൂ ശുക്തി രജിതത്തെ കാണുമ്പോൾ ശുക്തിയിലൊരു തിളക്കമുണ്ടല്ലോ അത്രയൊക്കെ നീ വന്നിട്ടുള്ളൂ അല്ല രജതത്തിന്റെ തിളക്കം അതൊക്കെ വന്നിട്ടുള്ളു അപ്പോൾ രജതത്തിന്റെ കുറച്ച് അംശങ്ങൾ ശുദ്ധിയിലുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കാണുന്നത് പെട്ടെന്ന് രജത്തെ കാണുന്നത് അല്ലാതെ ആ കാണുന്ന കാഴ്ചയുടെ വിഷയമായിരിക്കുന്നത് ആ മൊത്തം രജത്തെ അല്ലല്ലോ കാണുന്നതിന്റെ വിഷയം അവിടെയുള്ള ആ രജതം തന്നെയാണ് അപ്പോൾ നമ്മൾ ശുദ്ധിയിൽ കാണുമ്പോൾ കാണുന്ന രജത്തെ തന്നെ അപ്പൊ പിന്നെ ഇവിടെ ഭ്രാന്തി ആ ജ്ഞാനത്തിന്റെ വിഷയം തന്നെയാണ് ആ അത്രയേ നമ്മൾ കാണുന്നുള്ളൂ ഒരു തിളക്കം ആ കാണുന്ന എത്ര അത്രേ എടുത്താൽ മതി നമ്മളത്രേ കാണുന്നുള്ളൂ ഏ ആ അതൊക്കെ നമ്മുടെ വ്യവഹാരം നമ്മൾ കണ്ടിട്ട് എന്താ തിളങ്ങുന്ന സാധനത്തെ കണ്ടിട്ട് പെട്ടെന്ന് നമ്മൾ ധരിക്കുകയാണ് ം ഈ തിളക്കം രചതമാണെന്ന് ധരിക്കുന്നു നമ്മുടെ ഉള്ളിലെ ധാരണയല്ലേ ജ്ഞാനമല്ലേ അതിന്റെ വിഷയം എന്ന് അവിടെ കിടപ്പുണ്ട് ആ തിളക്കം അതെന്താണോ രചതാംശമാണ് കിടപ്പുണ്ട് ആ അംശമേ അല്ല നിങ്ങൾ മുഴുവൻ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ അതെടുത്ത് പോക്കറ്റിട്ട് മുഴുവൻ കാണാൻ പറ്റില്ല കാണുന്നത് എന്തോ അതവിടെ ഉണ്ട് എന്താണോ നിങ്ങൾ കാണുന്ന അവിടെയുണ്ട് നിങ്ങൾ കാണുന്ന തിളക്കമാണ് അത് അവിടെയുണ്ട് നിങ്ങളതിലും രചന വേറെ എന്തെങ്കിലും പേരുടെ എന്താണ് കുപ്പിവളയുടെ ഓടാണെന്ന പേരുടെ എന്ത് ഇതെന്താ കാണണമെന്നില്ലല്ലോ അല്ലെങ്കിൽ അലു അലൂമിനിയന്തുവാ ഇതൊക്കെ എല്ലാ എല്ലാത്തിനോടുകൊണ്ട് അങ്ങനെയുള്ള അനുഭവം കൊണ്ട് ഉണ്ടാകാറുണ്ട് അത്രയുള്ളൂ പിന്നെ പറയുന്നതോ പോവാൻ ഡിതോന്നൊക്കെ പറയുന്നു അതൊക്കെ വ്യവഹാരബാധയാണ് നമ്മൾ കുതിഞ്ഞെടുക്കാൻ പോകുമ്പോ ഇല്ല കാരണം അവിടെ ഇല്ലല്ലോ സാധനം അവിടെ കിടക്കുന്ന എന്താണ് ശുദ്ധികൾ അത്രേ ഒരു ചെറിയ ഒരു പൊട്ടുപോലെ ഉള്ളു ഒരു തിളക്കം മാത്രമുള്ളൂ അപ്പൊ വ്യവഹാര ബാധയാണത് മീമാംസകര് പറയുന്നത് പറഞ്ഞത് പക്ഷേ വ്യത്യാസമുണ്ട് അവർ ഈ പഞ്ചീകരണം ഇങ്ങനെയുള്ള ഏർപ്പാടും അവർ സ്വീകരിക്കുന്നുണ്ട് ഇവിടെ അതൊക്കെ തിന് രാമാനുചാചൊരു സമാധാനമുണ്ട് പിന്നെ പരമ്പരയുണ്ട് ഇത് ഒരാളുടെ അഭിപ്രായം പല ഗ്രന്ഥങ്ങളിലുള്ള അഭിപ്രായം അപ്പൊ അവിടെ എന്താണ് യഥാർത്ഥമാണ് യഥാർത്ഥമായ ഞാനങ്ങു ഇനി സ്വപ്നം ഈ അദ്വൈതികൾ വലിയ കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് സ്വപ്നം ലോകം മുഴുവൻ വിദ്യയാണ് ഏതുപോലെ സ്വപ്നം പറഞ്ഞു ഇവര് പറയുന്നത് ആരും ഈ വൈഷ്ടാതി പറയുന്നത് ഇതുപോലൊരു കോമഡി ഞങ്ങളെ കേട്ടിട്ടില്ലെന്നാണ് എന്തുകൊണ്ട് സ്വപ്നം ഒരിക്കലും മിഥ്യല്ല സ്വപ്നം എന്തുകൊണ്ട് മിഥ്യല്ല നിങ്ങൾ ആരെങ്കിലും പറയുന്ന വായ്മോളിച്ചിരുന്നിട്ട് കൈയ്യടിക്കും ഇത്രയേ ഉള്ളൂ അല്ല വേറെ സംബന്ധിച്ചിരുന്നു അദ്വൈതികൾ ഇരുന്നുകൊണ്ട് പറയും സ്വപ്നം മിഥ്യാണ് അതുകൊണ്ട് നിങ്ങൾ കൈയ്യടിക്കും ചിന്തിക്കാതെ പറഞ്ഞു ബോധമില്ലാത്തോണ്ടാവും എന്തുകൊണ്ടാണ് സ്വപ്നമല്ല കാരണം ഈ സ്വപ്നം എങ്ങനെയാ ഉണ്ടാവും സ്വപ്നം ഉണ്ടാകുന്നത് ഒന്ന് അവിടെ നിദ്രയുണ്ട് അല്ലെ ഉറക്കമുണ്ട് അപ്പൊ നിദ്ര എന്ന് പറയുന്ന അതിലൊരു പറയും അത് ഭ്രാന്തിയല്ല സ്വപ്നമല്ലേ ഭ്രാന്തി എന്ന് പറയും പിന്നെ അവിടെ വേറെന്താണ് വാസന എടുക്കുന്നത് ജാഗ്രത അനുഭവത്തിൽ ഉണ്ടായതാണ് വാസന അതും ഭ്രാന്തിയല്ല പാസിനെ ശരിക്കും ഉള്ളതാണ് പിന്നെ അവിടെ എന്താണോ വാദം വിത്തം കഫം ഇങ്ങനെയൊക്കെ ഉള്ളതിന്റെ ചില വൈഷല്യങ്ങളൊക്കെ ഉണ്ട് ചില ദോഷങ്ങളുണ്ട് ഇതൊന്നും ഇതൊന്നും തന്നെ എന്താണ് മിഥ്യയൊക്കെ ജാഗ്രത്തിൽ എങ്ങനെയാണോ നമ്മളിത് കാണുന്ന പുസ്തകം ഇത് മിഥ്യയാണോ അല്ല കണ്ണ് മിഥ്യാണ് അല്ല മിഥ്യയാണോ അല്ല എന്നിട്ട് പുസ്തകത്തിൻ്റെ ഞാനോണ്ടാൻ പറയും യഥാർത്ഥം ഞാൻ എന്നാണ് അതുപോലെ സ്വപ്നം ജ്ഞാനം ഉണ്ടാകുന്നതിന് എന്തൊക്കെയാണോ കാരണമായ എനിക്കിന്നൊന്നും തന്നെ മിഥ്യയല്ല അതിൽ നിന്നുണ്ടാകുന്ന ഒരു ജ്ഞാനമാണ് എന്താണ് സ്വപ്നം അതങ്ങനെ മിഥ്യയാകും അവിടെ കാണുന്ന ആരും ഒന്നും മിഥ്യയല്ല എന്തുകൊണ്ടാകും അത് വാസനയാണോ വാസന അനുഭവം എന്തൊന്നെയുള്ളൂ വാസന മിഥ്യ അല്ലെങ്കിൽ അതൊന്നും മിഥ്യല്ലേ പിന്നെ സ്വപ്നം മിഥ്യെന്നങ്ങനെ പറയും ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഒരു വാദത്തിന് വേണ്ടി സ്വപ്നത്തെ കുറിച്ച് പറയും എനിക്ക് പറയുന്നു പറയും ഞാൻ സ്വപ്നം കണ്ടിട്ട് കൊണ്ടർന്നു സ്വപ്നം എൻ്റെ മാത്രമാണ് പ്രസ്തവം അങ്ങനെയല്ല അവിടെ ചെയ്യുന്ന എല്ലാവരും കാണുന്നുണ്ട് അതിനെയൊക്കെ ചില വ്യത്യാസമുണ്ട് അല്ലേ സ്വപ്നം എന്ന് പറയുന്ന ഓരോരുത്തരുടെ സ്വകാര്യതയാണ് നമുക്ക് വേറൊരാൾക്ക് കാണാൻ പറ്റില്ല എന്റെ സ്വപ്നം ഞാൻ ഇന്നലെ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു ഒരാ കണ്ടു നിങ്ങൾ ആരും കണ്ടില്ല പക്ഷെ ഇപ്പൊ ഞാനിത് ആ ജാഗ്രതയിൽ പുസ്തകത്തെ കാണുന്ന നിങ്ങളെല്ലാരും കാണുന്നു അപ്പൊ സ്വപ്നവും ജാഗ്രത ഒരുപോലെയാണ് അപ്പൊ എന്റെ സ്വകാര്യയിലെയാണ് അത് എന്ന് വരുന്നു ഉണർക്ക് വരുമ്പോൾ ബാധിച്ചു ഇല്ലാതായി അതുകൊണ്ടത് നിത്യമാവും ഇല്ല എന്തുകൊണ്ട് അത് നിദ്രാദോഷം നിങ്ങൾ ഭർമ്മം ഉണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് ദോഷങ്ങളെ സ്വീകരിക്കുന്നുണ്ടല്ലേ രജുവൽ സർപ്പത്തൊക്കെയാണല്ലോ നിങ്ങളെന്താ എന്താ അങ്ങനെ കാണുന്ന ചോദിച്ചെ അതൊക്കെ പേടി പോകാം അല്ലേ അതുപോലെ ഇവിടെ എന്താണ് നിദ്രാദോഷം കൊണ്ട് എന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന സ്വപ്നേയും എനിക്ക് മാത്രമേ കാണാൻ പറ്റും വേറെ ആർക്കും കാണാൻ പറ്റില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് ദോഷങ്ങൾ ആ നിദ്രാദോഷമെന്ന് പറയുന്നത് എന്താണ് പ്രാന്ത്യം അത് തന്നെയാണ് യഥാർത്ഥമാണ് അത് സ്വപ്നത്തിൽ പാൾ വിഷയങ്ങളോ സ്വപ്നത്തിലെ സ്വപ്നം ജ്ഞാനമോ ഒന്നും തന്നെ ഭ്രാന്തിയല്ല അദ്വൈതോടെ നിങ്ങളെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തലം പോയിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും മനസ്സിലായത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഇനി ഏത് വേണോ ഏത് ജ്ഞാനം സ്ഫടികയിലെ സ്ഫടികത്തിന്റെ രക്ത വർണ്ണം അതങ്ങനെ അത് പ്രതീകമാണോ പ്രതീകം അങ്ങനെയാണത് ഭ്രാന്തിയാകും നിങ്ങൾ ശരിക്കും കാണുന്ന എന്താണ് ആ ദബാകുസ്മത്തിന്റെ വർണ്ണ വർണ്ണത്തെ തന്നെയാണ് കാണുന്നത് അത് പ്രകാശത്തിന്റെ പ്രത്യേകത കൊണ്ട് എന്ത് ചെയ്യുന്നു ആ പ്രകാശം അതിന് എന്താണ് പ്രകാശം മിഥ്യല്ല ആ പ്രകാശത്തിന്റെ പ്രതിബിംബം കൊണ്ട് അവിടെ കാണുന്നു എന്താണെന്ന് നിങ്ങൾ സ്ഫടികൾ കാണുന്നു സ്ഫടികാണുന്നുണ്ട് അങ്ങനെയാണോ ഭ്രാന്തിയാകുന്നത് ഏ വിചാരിക്കല്ലോ അവിടെ കാണുന്നു ആരും വിചാരിക്കുന്നു സ്ഫടികന്നെ കാണുന്നു വിചാരിക്കുന്ന ഏ സ്ഫടികത്തിന്റെ സ്വന്തം നിറ സ്ഫികം ശുദ്ധമായ സ്വച്ഛമായ ഒരു വസ്തുവാണ് അതിന് ചുവപ്പില്ല എന്തു ചെയ്യുന്നു നമ്മളിപ്പോ എന്താണെന്ന് നമ്മുടെ കെട്ടിടം അതിൻ്റെ ഭിത്തി വെളുപ്പാണ് അതിനെന്ത് ചെയ്തു പെയിന്റടിച്ചു ചുവന്നു വെളുത്തത് ചുവപ്പായി കാണുമെന്ന് വിചാരിച്ച് അതിൻ്റെ സ്വന്തമല്ല ചുവപ്പ് കണ്ടെന്ന് വിചാരിച്ചു അതിനെ ഭ്രാന്തി ഇത് പ്രകാശം ഒരു പെയിന്റ് അടിച്ചു പ്രകാശം നമ്മൾ കൈകൊണ്ടടിച്ചിട്ടില്ലെന്നുള്ളത് അത് പ്രകാശിക്കുന്നവരാണ് ഇതൊക്കെ പ്രകാശം കൊണ്ട് സംഭവിക്കുന്നതായിരിക്കുന്നതാണ് അവിടെയൊന്നും ഭ്രാന്തി ഇല്ല ഒരിടത്തും എന്താ ഭ്രാന്തി സ്വപ്നം ഭ്രാന്തി വേറെ വേണ്ടും ഭ്രാന്തില്ല ഈ ഭ്രാന്തി എന്ന് പറയുന്ന ഒരു എന്താണോ ഈ അദ്വൈതികൾ കൊണ്ടുകൊണ്ടിട്ട് ഒരുപാട് മനുഷ്യന്റെ കലോ നമ്മുടെ ആചാര്യ വിചാരിച്ചുകാരാണ് രാമായു ആചാര്യം വിചാരിച്ച് മനുഷ്യന്റെ ഒക്കെ ബുദ്ധിയൊന്നും നേരെയാക്കണമെന്ന് വിചാരിച്ച് അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും വീണ്ടും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു ബുദ്ധി ഭ്രാന്തി ആയിട്ടുണ്ട് ഇനി അത് ശരിയാക്കിയെടുക്കാൻ ബ്രെയിൻ വാഷ് ചെയ്ത് പറഞ്ഞു അത് ശരിയാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ് എന്ന് പറയുന്നത് ആർക്കും നിരാശയെന്നു തോന്നില്ല ഇത്രയും കാലം ഭ്രാന്തന്മാരായി ാണ് അതായത് നമ്മളിത്രേ ഉള്ളൂ ഈ ഭ്രാന്ത് വരുന്നത് ആരുടെ ദോഷവും ഉണ്ട് പക്ഷെ അത് മാറി നമ്മളങ്ങ് അംഗീകരിച്ചാൽ മതി ഇപ്പൊ മാറി ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല വീണ്ടും അതുകൊണ്ടൊന്നും പറഞ്ഞിരിക്കുന്നു എന്തായാലും മാറി കിട്ടിയല്ലോ ഇല്ലാന്നൊന്നും വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഭ്രാന്തി എന്ന് പറയുന്ന ഒരർക്കളുമില്ല അതുകൊണ്ട് ഞങ്ങളേത് പക്ഷക്കാരാണ് യഥാർത്ഥ ഖ്യാതി പക്ഷം യഥാർത്ഥ പ്രതീക്ഷിക്കുന്ന യഥാർത്ഥമാണ് ധ്രാന്തിരിക്കാനാവുന്നില്ല പിന്നെ അതിന് അതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഭേദാഗ്രഹം അല്ലെങ്കിൽ മീമാംസകൾ പറയുന്ന ഭേദാഗ്രഹം നേരത്തെ ജീവിതത്തിന്റെ സ്പടികത്തിന്റെയും മറ്റുദാഹരണം അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഭേദ ആഗ്രഹം പറയുന്നത് അതായത് സ്ഫടികവും എന്താണ് സ്ഫടത്തിൽ കാണുന്ന ചുവപ്പ് നിറവും മനസ്സിലായ സ്ഫടികവും സ്ഫടത്തിൽ കാണുന്ന ചുവപ്പ് നിറവും വേറെ വേറെയാണ് കാരണം എന്താണ് ആ ചുവപ്പ് നിറം എന്ന് ശരിക്കും എവിടെ ഇരിക്കുന്നതാണ് ചെവാകുസത്തിരിക്കുന്നത് ശരിക്കും അത് പ്രകാശമുണ്ട് അതിവിടെ വന്നതാണ് അപ്പോ നിങ്ങടെ എന്താ ശരിക്കും സംഭവിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഭ്രാന്തിയല്ല സംഭവിക്കുന്നത് സ്ഫടികവും ആ ചോക്കും ഭേദത്തെ ഗ്രഹിക്കുന്നില്ല അത്രയുള്ളത് ഭേദഗ്രഹമാണ് സ്ഫടികവും ചോക്കും തമ്മിലുള്ള ഭേദത്തെ ഗ്രഹിക്കുന്നുണ്ട് രണ്ട് ഭിന്നമാണ് അത് നമ്മൾ ഗ്രഹിക്കുന്നുണ്ട് അത്രേയുള്ളൂ മറിച്ച് ം ചോപ്പാണെന്ന് ഗ്രഹിക്കുന്നു എന്ന് നമ്മള് നമ്മള് ധരിക്കാണ് അതല്ല അവിടെ സംഭവിക്കും മനസ്സിലായത് ശരിക്കും സംഭവിക്കും അതല്ല ആ രണ്ടും നമ്മളുടെ ഭേദത്തെ നമ്മള് ഗ്രഹിക്കുന്നില്ല ഇത്രയേ ഉള്ളൂ ഭേദാക്ക ഇത് മീമാംസ പ്രഭാകര ഗുരുവിന്റെ ബുദ്ധിയാണ് ഇതിനെ ഒന്ന് ഖണ്ഡിക്കാൻ വേണ്ടി അദ്വൈത ചുറ്റും വട്ടഞ്ചുറ്റുകളൊക്കെ കുറെ കാലമായിട്ട് ഓടുന്നുണ്ട് അത്ര എളുപ്പമല്ല ഇതിനൊന്ന് ഖണ്ഡിച്ച് സ്വന്തം സിദ്ധാന്തവും അല്ല അതുങ്ങൾ ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷ്യം ഹാമതിയിലൊരു വിശദമായിട്ട് ചർച്ച അത് ഈ പ്രഭാകര ജനത്തിന്റെ കുട്ടിയെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് അത്ര എളുപ്പമുള്ളതായിരുന്നു ഇതൊക്കെ മനുഷ്യന്റെ എന്താണ് ബുദ്ധി സാമർഥ്യം കൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുന്നതാണ് ആ ബുദ്ധി സാമർഥ്യം എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ലിമിറ്റേഷൻ ഒന്നും അതുകൊണ്ടത് എന്താണ് അവിടെ താതാത്മ്യ ബോധമല്ല സംഭവിക്കുന്നത് താതാത്മ്യത്തെ അംഗീകരിക്കുന്നത് ശരിക്കും സംഭവിക്കുന്നത് എന്താണ് ഭേദാഗ്രഹം ഭേദത്തെ ഗ്രഹിക്കുന്നില്ല ഭേദം കൊണ്ട് അവിടെ അത് ഗ്രഹിക്കുന്നില്ല തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് പറയുന്നു രക്ത സ്ഫടിക ചുവന്ന സ്ഫടികം എന്ത് പറഞ്ഞാൽ ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങളോ ഉത്തരം പറയും അത്യോടെ എന്ന് ചോദിച്ചു ചോദിച്ചാൽ ഉത്തരം പറയും അങ്ങനെയാണെങ്കിൽ ഞങ്ങളോട് എന്ത് ചോദിച്ചാൽ ഉത്തരം പറഞ്ഞു അത് ഉത്തരമില്ല എന്നൊന്നാണ് എന്താണ് സ്വപ്നം ഭ്രാന്തി ഇങ്ങനെയൊക്കെ മനസ്സിൽ നിന്ന് ഇനിയേക്കിന് കളയുന്നു സത്യം തന്നെയാണ് എല്ലാം സത്യജ്ഞാനം തന്നെയാണ് പിന്നെ ഈ കാണുന്നൊക്കെ എന്താണോ അജിത് ഇതെല്ലാം തന്നെ ഈശ്വരന്റെ ശരീരമാണ് അജിത് വിശിഷ്ടനാണ് ആരെ വിശിഷ്ടനുമാണ് എന്നാണ് താമസിച്ചി താമസീബുദ്ധിയാണ് സത്യുന്ന താമസം എന്താണ് എന്താണ് താമസിച്ചിരുന്നത് ധർമ്മത്തിൽ അധർമ്മബുദ്ധി താമസീബുദ്ധിയാണ് ഇതാണ് ദർശനത്തിൻ്റെ പ്രത്യേകത മനസ്സിലായി ദർശനം എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത ഇങ്ങനെയാണ് നിങ്ങൾ ഒന്ന് മാത്രമാണ് മനസ്സിലാകണ ജീവിതത്തിൽ നിങ്ങൾക്ക് അതിനോട് വല്ലാത്ത ഒരു പ്രേമുണ്ട് പിന്നെ അത് വിടാൻ പറ്റത്തില്ല ഇതെല്ലാ സമം സർവേഷു ഭൂതയേഷു ഇന്നെല്ലാത്തിനും എന്തായിരിക്കും സമബുദ്ധിയായിരിക്കും മനസ്സിലാക്കുക എല്ലാത്തിനും സമബുദ്ധിയായിരിക്കും പലപല ദർശനങ്ങളുണ്ട് പലപല കാഴ്ചപ്പാടുകളും മനസ്സിലാക്കും അപ്പോൾ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒന്നിനോട് കടുത്ത പ്രേമം അതിന്റെ കാര്യം അപ്പോൾ എന്താണ് ഞാൻ ഇല്ലതാണ് എന്ന് പറഞ്ഞ് ലേബിലൊട്ടിച്ച് നടക്കേണ്ട കാര്യം പറഞ്ഞെന്താണ് ഞാൻ എല്ലാവരുടെയും കൂട്ടത്തിലുണ്ട് അദ്വൈതിയാണോ അവിടെയും ഇഷ്ടാദ്വൈരിയാണെങ്കിലോ അവിടെയും അങ്ങനെ കുറച്ചൊരു വിശാല ബുദ്ധിയാണ് മനുഷ്യന് വേണ്ടത് അതാണ് നല്ലത് മറ്റത് എന്ത് അത് ലവ് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു മാനസിക പ്രശ്നം നമ്മൾ കേട്ടിട്ടുണ്ടോ ഇടത്ത കാലത്ത് ചർച്ച ലവ് ബ്രെയിൻ എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട് മനസ്സിൽ ഒന്നിനോടെ ഒന്നിനെ കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ച് പിന്നെ എന്താണ് അതിനെ വിടാമണിയാക്ക സാധാരണ കാമുകി കാമുക്കൊക്കെ മാറുന്നപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ ഉണ്ടാകും ചിലപ്പോൾ അത് ഒട്ടായിട്ടൊക്കെ മാറുന്നു അതുപോലൊരു പ്രശ്നം അതൊരു മാനസിക പ്രശ്നമാണ് മുളിയ കൊണ്ട് മാറുന്ന പ്രശ്നമാണ് പക്ഷെ ചിലപ്പോൾ അത് മാറാറുണ്ട് അതുപോലെ ഏതെങ്കിലും ഒന്നിനോട് ഭയങ്കരമായ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വരുന്ന പ്രശ്നത്തിന്റെ പേരാണെന്തു ലവ് പറയുന്നത് ഒരു മാനസിക പ്രശ്നം അതിന് അപ്പൊ അത് പറയുന്നത് ഏതെങ്കിലും ഏതെങ്കിലും ഒന്നിനോട് ഈ പറയുന്ന അങ്ങോട്ട് അമിതമായ ഇത് പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം പറയും ലവ് ബ്രെയിൻ ആണ് ഇതൊക്കെ ബ്രെയിനിന്റെ പ്രശ്നമാണ് അതുകൊണ്ടെന്താണ് അസക്ത വിശേഷത്തെ ഗീത പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്തിനാണ് യഥാർത്ഥം അസക്തനായിരിക്കുക അസക്തനായിരിക്കുന്ന അതാണ് വിശേഷം അതാണ് കേമം എന്നാണ് ആര് പറയുന്നത് ഭഗവാൻ പറയുന്നത് ഗീത രാജ്യം ഗീതെന്ന് അതാ മനസ്സിലാക്കിയിട്ട് അല്ലാതെ വെടിവയ്യാനം കൊണ്ടാൽ അതൊന്നുമല്ല ഗീതെന്ന് പഠിക്കരുത് അസത്യസവിശേഷ അസക്തനായി എല്ലായിടത്തും അപ്പൊ പിന്നെ ഈ പ്രശ്നവും വരെ ലവ് ബ്രെയിൻ എന്ന് പറയുന്ന പ്രശ്നവും വരത്തില്ല അതൊക്കെ അബദ്ധമാണെന്ന് കാര്യങ്ങളൊക്കെ ഞാൻ കളയുന്നത് എന്താണ് ചോറ് ബ്ലഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അതൊക്കെയാണ് കളയുന്നുണ്ട് അതിന്റെ കാലം കഴിഞ്ഞ് അതൊക്കെ ആ ബർബേറിയൻസിന്റെ കാലത്തായിരുന്നു അതിന്റെ ആവശ്യം ഇന്നത്തെ കാലത്ത് വേണ്ട എന്താണോ അസക്ത സവിശേഷത മനസ്സിന്റെ അസക്തത അത് വീതിയിൽ നിന്നും എന്നും മനുഷ്യർ ഉള്ളിടത്തോളം കാലം പഠിക്കേണ്ട അതാണ് മനസ്സിലാക്കുന്നത്